ൂരാ അളവറ്റ അരുളാളനും നികരറ്റ അൻപടയോനുമാകിയ അല്ലാഹുവരോ വാനങ്ങളിൽ ഉള്ളവയും ഭൂമിയുള്ളവയും അല്ലാഹുവയെ തസ്ബീ തുതി അവൻ യാവരെയും മികത്തവൻ്ഞ മിക്കവൻ വേദത്തെ ഉടയോരൽ എവൾ നിരാകരി കൊണ്ടിരുന്നോ അവരുന്ന് ഒന്നിത്ത മുതൽ അവനേ എനും അവളിയേറിയ അവർ തങ്ങളുടെ കോട്ടകൾ നിശ്ചയമാല്ലാതെ വിട്ടും തങ്ങളെ തടുത്തക്കൊള്ളവേ എന്ന് നെയിത്ത ആണോ അവർ എണ്ണിരാത പുറത്തിലിരുന്ന് അവൾ അല്ലാഹ് വേദനയെ കൊണ്ടുവന്ന് അവർ ഇണയങ്ങളിൽ ബീതിയും പോട്ട് അഞ്ചിയും അവർ തം കൈകളും മോമിങ്ങളിൽ കൈകളാലും തീടുകള അഴിത്തു കൊണ്ടാ അകപ്പാർവയുടയോരേന്ത് പഠിപ്പിനെ തവറവും അവർ മീതു വിലയേറുകയെ അല്ലാ വിധിക്കാതിരുന്ന ഇവ ഉലകിലേയെ അവർ കഠിന വേദന ഇന്നും അവരുമയും നരകനെടുപ്പിൻ വേദന ഉണ്ട് അതം നിശ്ചയമാക്കും അവനുടേ തൂതരുക്കും വരോധം ചെയ്ത അും അല്ലാഹ് വരോദിക്കുന്നോ അവനെ നിശ്ചയമാ അല്ലാഹ് വേദനയെതിൽ കഠിനമായവൻ അവരുടെ പേരീത്ത മരങ്ങളെ വെട്ടിയതോ അല്ലത് അവൻ വേണ്ടി മീതു അവടിയാ വിട്ടുവിട്ടതോ അല്ലാവിൻ അനുമതിയാലും അന്ന പാവികളെ അവൻ ഇഴിപ്പെടുത്തുമേതാൻ മേലും അല്ലാഹ് തൻ തൂതരുക്ക് യുവതികളിൽ നിന്നും എതെ മീട്ടൊടുത്താനോ അതായത് കുതിരുകളെയോ ഒട്ടകങ്ങളെയോ ഓട്ടി പോർ ചെയ്തു വിടവില്ല അല്ലാഹ് താൻ നാടുവോർ മീനു ആദിക് തരു അല്ലാഹ് എല്ലാ പൊരുക്കളിൽ മീതും പേരാറ്റൽ ഉടയവൻ അവാഹ് തൻ തൂതരുക്ക് മീട്ടു കൊടുത്തവുക്കും അവൻ തൂതരു അനാഥക ഏഴ്കൾക്കും വഴിപോക്കരുമാകും ഉള്ളിൽ ഉള്ളവന്തേൽവം കൊണ്ടിരിക്കാമെടുപ്പ ഇവർ പങ്കിട്ട് കൊടുക്ക കട്ടണ നിശ്ചയമാ അല്ലാഹ് വേദന ചെയ്ത് മിക കഠിനവൻ യവർ തം വീടു തം വി അല്ലാഹുവൻ അരുളയും അവൻ പെരുപ്പൊരുത്തെയും തേടിയവർ വെളിയേറ്റപ്പെട്ടോ അന്ന ഏഴ് മുഹാജികൾക്കും അതാവത് ഹിജറവ് അപ്പൊരുളിൽ പങ്കുണ്ട് അവർ ഇന്നും ചിലരുക്കും ഇതിൽ പങ്കുണ്ട് അവനാവിൽ മുഹാജികൾക്ക് മുൻരേ ഈമാറന്ന് തങ്ങളുടെ കുടിയേറി വന്നവർ നേശിക്കുന്ന അവേറിയവർക്ക് കൊടുക്കപ്പെട്ട തങ്ങൾ നെഞ്ചങ്ങളിൽ സേവപ്പെടുക പോലും തങ്ങളെ വിട അവയെ ഉദവി പെരുവകു തക്കവുകളെടുത്ത് കൊള്ളവാര ഉലോകത്തനത്തിലെ കാക്കപ്പെട്ടോ അത്തവുകള അവൻ കുടിയേറിയവർക്കും ഇതിൽ പങ്കുണ്ട് അവർ എങ്ങൾ ഇളവനെ എങ്ങനെയും ഈമു കൊള്ളിൽ എങ്ങൾക്ക് മുന്തിയവർ എങ്ങൾ സഹോദരം മന്നിപ്പരുൾവായ അന്തിയും ഈമാൻ കൊണ്ടവർ പറ്റി എങ്ങനെയ ഇലയങ്ങളിൽ പകയെ ആക്കാതിരുപ്പായയമാ മിക്ക ഇറക്കമുടയവൻ കൃപൈ മിക്കവൻ പ്രേവം അവ നി സഹോദരം ഉച്ചയേറോ അങ്ങൾക്ക് എതിരായും നാം എതിരായി പോർ ചെയ്യപ്പെട്ട നിശ്ചയമാാൽ ഉണ്ടു കി അവ അക്ഷ്യം കൂടുക അവർ വെള്ളേറ്റവർ അവറ മാറ്റി അവർക്ക് എതിരായി പോർ ചെയ്യപ്പെട്ട ഇവർ അവതാരും ഇവർ അവർ നിശ്ചയമാ പുറമു കാട്ടി പിൻവാങ്ങി വിടുവീ പിന്നെ അവർ എത്തയ ഉദവിയും അളിക്കപ്പെടുക നിശ്ചയമായങ്ങളിൽ അല്ലാതെ വിട ഉപ്പറ്റിയ ഭയമേ ബലമാ അല്ലാഹവേ വിട്ടും അവളെ അധികം അഞ്ചുവ കാരണം അവർ ഉണ്മയെ ഉണർന്നുകൊള്ളാ സമൂഹത്തിനായി കോട്ടകളിൽ അരൺ ചെയ്യപ്പെട്ട ഊറുകളിലോ അല്ലെ മതിലുകൾക്ക് അപ്പാൽ ഇരുന്ന് കൊണ്ടോ അല്ലാമ അവർ എല്ലോരും ഒന്ന് സേർന്ന് ഉണ്ടോ പോരിടമാട്ട അവർക്ക് പോരും പകയും മിക കടുമയ ഇവർ യാവും ഒൻപട്ടിപ്പീർ എണ്ണുക അവരുടെ ഇടയങ്ങൾ സിതറിക്കിടക്കുന്ന കാരണം മെയ്യാ അവൾ അറിവട്ട സമൂഹത്താർപത് ഇവർക്ക് മുൻ കാലത്ത നെരുങ്ങിയ സിലരെ പോലേ ഇവകളും അവർ തൻ തീയശു പല അനുഭവിത്തോട് അഞ്ചെയും അവ മറയിൽ നോവിനേശയും വേദനയും ഉണ്ട് ഇന്നും ഇവർ നില ഷൈതാന ഉദാഹരണത്തെ പോണ്ടു ഷൈതായി നോക്കി നീ ഇവ നിരാകരിത്ത് വിക അവ മനുഷ്യൻ നിരാകരിത്തും നാ ഉവിട്ടും ഒതുങ്ങിക്കൊണ്ടേ ഏന അഖിലങ്ങൾക്കെല്ലാം ഇറവനായി അല്ലാതെ അഞ്ചുകേൻ കൂറിവിട്ടതെ പോലെ അവൻ മുടി നിശ്ചയമാവർ എന്തെങ്കിലും തങ്കും നരകനെരുത്തായക്കാരുകളി ഇതുവേ ആകും ഈമാൻ കൊണ്ടവുകളേ അല്ലാഹുക്ക് അഞ്ചി നടന്നുകൊള്ളുകൾ ഒന്നും മറുപടി താൻ മുർപ്പെടുത്തി വയ്പ്പതായി പാർട്ട് കൊള്ളട്ടും ഇന്നും അല്ലാഹു അഞ്ചി നടന്നുകൊള്ളു അല്ലാഹ് നിശ്ചയമാ നരുന്നവൻ അന്റിയും അല്ലാഹു മറന്ന് വിട്ടവർ പോലെ ആകിവിടാവിൽ അവർ തങ്ങളെയേ മറക്കുംപടി അല്ലാഹ് ചെയ്തുവിട്ടാൽ അത്തയോർദാം പെരും പാവികൾ ആവാരവാസികളും സ്വർഗവാശികളും സമമാകട്ടേ പെരും ബാക്യം ഉടയോർ നബിയേ നാം ഒരു മലയു മീത് നാം ഇന്നു ഇറക്കിയിരുന്നോ ആഹ് ഭയത്താൽ അത് നടുങ്ങി പിളുന്ന് പോവുക കണ്ടിപ്പീർ മനുഷ്യ സിന്ധിപൊരു ഇത്തയ ഉദാരണങ്ങളെ നാം അവളക്ക് അല്ലാ മണക്കത്തുറിയവൻ അവനെ തവര വേറെ നായൻ ഇല്ലേ മറവാനും ബഹിരംഗമാതയും അറിവൻ അവനേ അളവറ്റ അരുളാളൻ നികരറ്റ അൻപടയോ അവനേ അല്ലാ മണക്കത്തുറിയ നായൻ അവനെ തവര വേറെ യാരും ഇല്ല അവനേ പേരൻ മിക പരിശുദ്ധമായവൻ ശാതി അളിപ്പവൻ പഞ്ചമളിപ്പവൻ പാതുപ്പവൻ യും മികപ്പവൻ അടക്കി ആള്പവൻ പെരുക്ക് ഉരിത്താനവൻ അവർ ഇണ പൈപ്പവറ്റെല്ലാം വിട്ട് അല്ലാഹ് മിക തൂമയാനവൻ അവൻതാൻ അല്ലാ പഠപ്പവൻ ഒഴുങ്കുപെടുത്തി ഉണ്ടാകു അഴകിയ തൃനാമങ്ങൾക്കാനങ്ങളിലും ഭൂമിയും ഉള്ളവയവും അവനെയേ തസ്ബീ തതി अमे यु मिन ज्ञानम